അവർ അള്ളാഹുസുബാനഹൂവത്തെ ആല വെറുക്കുന്ന കാര്യങ്ങളെ അവനെ നൽകുന്നു തങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കുമെന്ന് അവരുടെ നാവുകൾ കള്ളം പറയുന്നു തീർച്ചയായും അവർക്ക് നരകമാണ് ലഭിക്കുക അവർ വഴിപിഴച്ചവരുമാണ്